ഇസ്രയേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു യഹോവ അവരെ ഏഴ് സംവത്സരം മിത്യന്റെ കൈയിൽ ഏൽപ്പിച്ചു മിത്യൻ ഇസ്രയേലിന്മേൽ ആധിക്യം പ്രാപിച്ചു ഇസ്രയേൽ മക്കൾ മിത്യാന്രുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗൊഹരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി ഇസ്രയേൽ വിതച്ചിരിക്കുമ്പോൾ മിത്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും ഇസ്രയേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കയില്ല അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യം ആയിരുന്നു അവർ ദേശത്തു കടന്ന് നാശം ചെയ്യും ഇങ്ങനെ മിത്യാന്യരാൽ ഇസ്രയേൽ ഏറ്റവും ക്ഷയിച്ചു ഇസ്രയേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു ഇസ്രയേൽ മക്കൾ മിത്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രയേൽ മക്കളുടെ അടുക്കൽ അയച്ചു അവൻ അവരോട് പറഞ്ഞത് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു മിസ്രൈമരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമൂര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രൈ അബിയേസ്രിയനായ യോവാശിന്റെ കരുവേലകത്തിൻ കീഴെ ഇരുന്നു അവന്റെ മകനായ ഗിദയോ കോതമ്പ് മിഥ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് മെതിക്കെയായിരുന്നു യഹോവയുടെ ദൂതൻ അവന് അപ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടു കൂടെ ഉണ്ട് എന്നവനോട് പറഞ്ഞു ഗിതയോൻ അവനോട് അയ്യോ യജമാനനെ യഹോവൻ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് യഹോവൻ നമ്മെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ ഇപ്പോൾ യഹോവൻ നമ്മെ ഉപേക്ഷിച്ചു മിത്യാനുരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോക നീ ഇസ്രയേലിനെ മിഥ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു അവൻ അവനോട് അയ്യോ കർത്താവെ ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും മനശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു യഹോവ അവനോട് ഞാൻ നിന്നോടുകൂടെ ഇരിക്കും നീ മിഥ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു അതിനവൻ നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വയ്ക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്നവനോട് പറഞ്ഞു നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു അങ്ങനെ ഗിതയോൻ ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവു കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിൻ കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്കാം എന്ന് കൽപ്പിച്ചു അവൻ അങ്ങനെ ചെയ്തു യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു അവൻ യഹോവയുടെ ദൂതനെന്ന് ഗിതയോൻ കണ്ടപ്പോൾ അയ്യോ ദൈവമായ യഹോവി ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു യഹോവ അവനോട് നിനക്ക് സമാധാനം ഭയപ്പെടേണ്ട നീ മരിക്കയില്ല എന്നരുളിച്ചു ഗീതയോനവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു അതിന് യഹോവ ശാലോ എന്ന് പേരിട്ടു അത് ഇന്നുവരെയും അബിയേസ്യർക്കുള്ള ഒഫ്രയിൽ ഉണ്ട് അന്ന് രാത്രി യഹോവാവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതി അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളകാം ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേരാ പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാഗം കഴിക്കാം ഗിതയോൻ തന്റെ വേലക്കാരിൽ പത്തുപേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽസമയത്തത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞുകിടക്കുന്നത് കണ്ടു അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിങ്കൽ ആ രണ്ടാമത്തെ കാളെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു ഇത് ചെയ്തതാരെന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു അന്വേഷണം കഴിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗിതയോനാകുന്നു ചെയ്തത് എന്ന് കേട്ടു പട്ടണക്കാർ യോവാശിനോട് നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക അവൻ മരിക്കണം അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അക്ഷേരപ്രതിഷ്ഠയെയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യോവാസ് തന്റെ ചുറ്റുനിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത് ബാലിനുവേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത് നിങ്ങളോ അവനെ രക്ഷിക്കുന്നത് അവനുവേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തനിടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ ഇവൻ അവന്റെ ബലിപീഠം ടിച്ചുകളഞ്ഞതിനാൽ ബാല ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞു അവന് അന്ന് യരൂ ബാൽ എന്ന് പേരിട്ടു അനന്തരം മിഥ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ചുകൂടി ഇക്കരെ കടന്ന് ഇസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിതയോന്റെ വന്നു അവൻ കാഹളമൂതി അബിയേസിറെ അടുക്കൽ വിളിച്ചുകൂട്ടി അവൻ മനശ്ശിയിലെല്ലായിടവും ദൂതന്മാരെ അയച്ചു അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി ആശേരിന്റെയും സെബുലുവിന്റെയും നഫ്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു അവരും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു അപ്പോൾ ഗിതയോൻ ദൈവത്തോട് നീ അരുളി ചെയ്തതുപോലെ ഇസ്രയേലിനെ എന്റെ കൈയ്യാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻതോൽ കളത്തിൽ നിവർത്തിടുന്നു മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രയേലിനെ എന്റെ കൈയ്യാൽ ഞാൻ അറിയും എന്ന് പറഞ്ഞു അങ്ങനെ സംഭവിച്ചു അവൻ പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞു മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു ഗീതയോൻ പിന്നെയും ദൈവത്തോട് നിന്റെ കോപം എന്റെ നേരെ ജോലിക്കരുതേ ഞാൻ ഒരിക്കലും കൂടെ സംസാരിച്ചു കൊള്ളട്ടെ തോൽകൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചുകൊള്ളട്ടെ തോൽമാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരിപ്പാൻ അരുളേണമേ എന്നു പറഞ്ഞു അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു